തേജസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുടനെ ആ നമ്മൾ ഏതെങ്കിലും സുവിശേഷ യോഗത്തിന് പോയപ്പോൾ ആരെങ്കിലും പറഞ്ഞൊരു സാക്ഷ്യത്തിൻ്റെ ചിലചിന്തകളൊക്കെ മനസ്സിൽ വരും അദ്ദേഹം കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പോൾ പെട്ടെന്നൊരു തേജസ് ആ മുറിക്കകത്ത് രാത്രിയിൽ വന്നു ഉടനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കർത്താവ് കർത്താവിനെ കണ്ടു കർത്താവിനെ കണ്ടു അതിൻ്റെ തെറ്റൊന്നുമില്ല അങ്ങനെ വന്ന് അങ്ങനെ വരാം സാധു സുന്ദർ സിങ് എന്ന് പറയുന്ന ദൈവഭൃത്യൻ താന് തൻ്റെ ജീവിതത്തിൽ ഒരു നിലപാടിലേക്ക് വരാൻ കാരണം കർത്താവിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ദർശനം ഈ നിലയിൽ കർത്താവ് താൻ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണോ എന്ന് പറയാനൊക്കെയല്ല അത് നമുക്കറിയാമല്ലോ ആ സംഭവം സിഖുകാരനായ ഒരു ചെറുപ്പക്കാരൻ സിഖ് സിഖ് മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് സാധു സുന്ദർ അന്ന് സാധു എന്നു പേരില്ല സുന്ദർ സിംഗ് എന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ അവന് അവന് പറഞ്ഞു ദൈവ വെളുപ്പിന് നാല് മണിക്കിതിലെ ഒരു ട്രെയിൻ പോകും വെളുപ്പിന് നാല് മണിക്ക് ഇതിലെ ഒരു ട്രെയിൻ പോകും ഒരു ജീവനോട് ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ പ്രത്യക്ഷപ്പെട്ടോണം ഇല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും നാലുമണിക്ക് പോകുന്ന ആ ട്രെയിനിൻ്റെ അടിയിൽ തല വെക്കും നോക്ക് ഒരു അന്വേഷണത്തിൻ്റെ അവസാനത്തിലാണ് അവനങ്ങനെ പ്രാർത്ഥിച്ചത് അവന് ജീവനുള്ള ഒരു ദൈവം അങ്ങനെ ഒരു ദൈവമുണ്ടോ ആ ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ആളുകൾക്ക് വെളിപ്പെടുമോ ആ ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടാൻ നിൽക്കുമോ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ഒത്തിരി പ്രശ്നങ്ങൾ അവന് നേരിട്ടു അത് നേരിടാൻ കാരണം എന്താണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സാധു സുന്ദർ സിംഗിൻ്റെ കഥ അറിയാം എങ്കിലും പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമുക്ക് അതങ്ങ് പറയാം സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അല്ല സുന്ദർ സിംഗ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ നിലയിൽ ദൈവത്തെക്കുറിച്ചും ദൈവികാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാനിടയായതിനു കാരണം എന്താണ് കാരണം അവൻ അവൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോൺവെൻറ് സ്കൂളിൽ അത് ക്രിസ്ത്യാനികളുടെ ഒരു സ്കൂളായിരുന്നു ആ സ്കൂളിൽ ക്രിസ്തീയതയെക്കുറിച്ചൊക്കെ പറയും ബൈബിളിനെ കുറിച്ചൊക്കെ പറയും അവനെന്തില്ല അവനീ കാര്യത്തിൽ തീരെ താല്പര്യമില്ല സിഖുകാരനാണ് സിഖ് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു കൊച്ചനാണ് അവനെന്തു ചെയ്തു അവന് ഇത് ഈ ക്രിസ്ത്യാനിത്വം കൊണ്ടങ്ങ് മടുത്തു എവിടെ തിരിഞ്ഞാലും ക്ലാസ്സിൽ ഒക്കെ ടീച്ചർമാരും ഒക്കെ മോറൽ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്ന ബൈബിൾ വായന ഒക്കെ അവനതങ്ങ് മടുത്ത് അവൻ എന്ത് ചെയ്തു അവനെ ഒരു ദിവസം കൂട്ടുകാരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഈ ക്രിസ്ത്യാനിയുടെ ബൈബിള് ഞാൻ ചുട്ടരിക്കും എന്ന് പറഞ്ഞ് ബൈബിളെ ചുട്ടരിച്ചു അതായിരുന്നു തുടക്കം എവിടെയോ ഉള്ളിലൊന്ന് കൊളുത്തി വലിച്ചത് പോലെ എടാ ഈ ദൈവവചനമെന്ന് ഇവർ പറയുന്ന ഈ കാര്യം ഞാനെ ചുട്ടരിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യും ഇവിടെ പിന്നെ നാലുമണിക്കുള്ള എൻ്റെ തലവെക്കും അങ്ങനെ പ്രാർത്ഥിച്ച സുന്ദർ സിംഗിന് രാത്രിയിൽ ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ടായി ദൈവ തേജസ് അവൻ്റെ മുറിയിൽ മിന്നി കർത്താവ് അവന് അങ്ങനെ വരാം അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാം നമ്മളും അങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പോസിലെ ഇതുപോലൊരു ചെറുപ്പക്കാരനെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് അദ്ദേഹം അദ്ദേഹം ഇവൻ സിഖ് മതത്തിൽ ഇത്രയും തീവ്രവാദിയായിരുന്നെങ്കിൽ മറ്റേ ചെറുപ്പക്കാരൻ നിങ്ങൾക്കറിയാം ആളിൻ്റെ പേര് ശൗലെന്നാണ് അവൻ്റെ പേര് ശൗലെ ഏത് മതത്തിലായിരുന്നു യഹൂദ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് അതിലാണ് രക്ഷ അതിന് പുറത്ത് ഒരു രക്ഷയില്ല എന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ശൗൽ അന്നത്തെ യഹൂദ മതത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനായ ഗമാലിയേലിൻ്റെ പാതപീഠത്തിലിരുന്ന് പഠിക്കാനായിട്ട് തർസോസിൽ നിന്ന് യരിസലേമിൽ വന്ന് അങ്ങനെ അവിടെ പഠിച്ച ഒരാൾ അവൻ്റെ അപ്പന് കപ്പലുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സായിരുന്നു അപ്പൻ്റെ ബിസിനസ്സും നോക്കി അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു പക്ഷേ അവനൊരു ആത്മീയ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു അവന് യഹൂദാ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് യരിശലീമിൽ വന്ന് അങ്ങനെ പഠിക്കുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ നാട്ടിലാകപ്പാടെ ഒരു കോളിളക്കം ചിലരെല്ലാം പറയുന്നു ഓ ഇപ്പോഴേ ഈ യഹൂദന്മാർ ക്രൂശിച്ചു കൊന്ന യേശു എന്താണ് അവനാണ് ദൈവപുത്രൻ അവനാണ് ദൈവം ഓ ഈ നമ്മുടെ യഹൂദാ മത അവനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വരാൻ പോകുന്ന ഒരു വാഗ്ദത്ത മഷിഹായെക്കുറിച്ച് നമുക്കുണ്ടല്ലോ നമുക്കൊരു ആ നിലയിലൊരു കാത്തിരിപ്പുണ്ടല്ലോ അത് പൂർത്തിയായ യേശുവിലാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ അതൊരിക്കലും എന്താകുന്നില്ല താന് പഠിച്ച ന്യായ പ്രമാണത്തോട് ചേർന്ന് പോകുന്നില്ല നസ്രത്തിൽ ഒരു തച്ചൻ്റെ മകനായിട്ട് ജനിച്ച് മുപ്പത് വയസ്സ് വരെ തച്ചപ്പണി ചെയ്ത് ഒടുവിൽ കുറച്ച് രോഗികളെയൊക്കെ സൗഖ്യമാക്കിയെന്നൊക്കെ പറയുന്നു ഏതോ മരിക്കോ ഹിപ്നോട്ടിസമോ വല്ലതും ആയിരിക്കും ഏതായാലും അങ്ങനെയൊക്കെ പറയുന്നു ഒടുവിൽ എന്തായി ഒടുവിൽ കാൽവറി ക്രൂശിലെ മരിച്ചു മരിച്ച് മൺമറഞ്ഞു ഇവരെല്ലാം കൂടെ കൂടി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റം എന്നൊക്കെ പറയുന്നു പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു അതിനൊന്നും തെളിവൊന്നുമില്ല അങ്ങനെയൊന്നും ഒരു ദൈവമില്ല ഇതെല്ലാം നമ്മുടെ യഹൂദാ മതത്തിൻ്റെ ആ മുന്നോട്ടുള്ള പോക്കിന് വിലങ്ങതടിയാകാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഓരോ തന്ത്രമാണ് ഇതിനെ ശക്തിയുക്തം നമ്മൾ എതിർക്കണം ഇതായിരുന്നു ശൗലിൻ്റെ മനസ്സിലുള്ളത് കണ്ടോ അവനവൻ്റെ ബോധ്യത്തിൽ അവന് എന്തായിരുന്നു അവന് ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ അവൻ വിശ്വസിച്ച നിലയിൽ അവൻ അതിൻ്റെ ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യത്തിന് വേണ്ടി അവൻ നിൽക്കുന്നു അങ്ങനെ വന്നപ്പം താനെന്ത് ചെയ്തു താനെ പലരെയും ഈ നിലയിലെ ക്രിസ്ത്യാനികളായ പലരെയും പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോസ്ലായ പൗലോസ് പിന്നീട് പൗലോസായി തീർന്ന ശൗലിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ തന്നെ എന്ത് ചെയ്തു ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ് സ്റ്റേഫാനോസിൻ്റെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പം ആ ഇത് തന്നെയാണ് വേണ്ടത് ഇങ്ങനെയുള്ളവനെ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലേണ്ടത് നമ്മുടെ ന്യായ ആരെങ്കിലും തന്നെത്താൻ ദൈവത്തോട് ഉയർത്തുന്നെങ്കിൽ ഈ നസ്രയത്തുകാരനെ ദൈവമായിട്ട് പറയുന്ന ഇവനൊക്കെ എന്ത് വേണം കല്ലെറിഞ്ഞ് തന്നെ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞ് കല്ലെറിയാൻ വന്ന ആളുകളുടെ എല്ലാം വസ്ത്രം കാത്തുകൊണ്ട് നിന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത് ശൗലിനെ തുടക്കം പക്ഷേ ആ ശൗലെന്ത് ചെയ്തു പിന്നീട് അപ്പോസ്ല പ്രവൃത്തി ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ ചിലരുണ്ട് ക്രിസ്ത്യാനികളായ ചിലരുണ്ട് എന്ന് കണ്ട് അവരെ പിടിച്ചുകെട്ടി കൊല്ലാൻ കൊണ്ടുപോകാനും ആയിട്ട് താൻ പോകുന്ന വഴിക്കാണ് എന്ത് സംഭവിച്ചത് അവൻ്റെ ചുറ്റും ഒരു വെളിച്ചം ചുറ്റി മിന്നിയത് കർത്താവിനെ കണ്ടു കർത്താവ് അവനോട് സംസാരിച്ചു ശവലേ നീ എന്നെ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് അപ്പോൾ അവന് നിലത്ത് വീണു അവൻ ചോദിച്ചു കർത്താവേ നീ ആരാ നീ ഉപദ്രവിക്കുന്ന കർത്താവാണ് യേശുവാണ് യേശുവിനെ പൗലൂസ് ഉപദ്രവിച്ചില്ലല്ലോ പക്ഷേ എൻ്റെ ആളുകളെ നീ ഉപദ്രവിക്കുമ്പോൾ എന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാം അതൊരു തുടക്കമായിരുന്നു ശവൽ എന്ത് ചെയ്തു ശവില് മൂന്ന് വർഷം താനെ മരുഭൂമിയിലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് താൻ തീർത്തും മാറിയ ഒരാളായിട്ട് മുന്നോട്ട് വരുന്നു പൗലോസിൻ്റെ കഥ നമുക്കറിയാം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെയും അപ്പോൾ അപൂർവമായ നിലയിൽ ഒരു സാധോസു നർസിംഗിനോ ഒരു പൗലോസിനോ ഒക്കെ ദൈവത്തിൻ്റെ ഒരു ദർശനമോ ഒരു തേജസ് കണ്ടതോ ഒക്കെ ഉണ്ടാകാം നമ്മളതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരെങ്കിലും ഒരു അങ്ങനെ ഒരു ദർശനത്തിൽ കർത്താവിനെ കണ്ടവരുണ്ടോ ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ സാക്ഷ്യം പറയാൻ ഒരു നല്ലൊരു ഏഹ് ആളുകളുടെയൊക്കെ മുമ്പിൽ ചെന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരു കഥയൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ ഇതിങ്ങനെ ശ്വാസം വിടാതെ കേട്ടിരുന്ന് കർത്താവിൻ്റെ കണ്ടു ക്രൂശിക്കപ്പെടും പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഒരു ദർശനമൊന്നും കണ്ടിട്ടില്ല ദർശനം ഞാൻ ഇൻ ദ സെൻസ് ഒരു ഒരു തേജസ് പെട്ടെന്ന് മിനി അലൗകികമായി സൂപ്പർനാച്ചുറലായിട്ട് കർത്താവിനെ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും അല്ലെ ക്രിസ്ത്യാനികളിൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരും അങ്ങനെയുള്ള സൂപ്പർനാച്വറലായ ഒരു തേജസ്സൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതല്ലേ വസ്തുത പിന്നെന്താ ഈ തേജസ് തേജസ് കർത്താവിൻ്റെ തേജസ് കർത്താവിൻ്റെ തേജസ്സിനോട് അനുരൂപപ്പെടുക എന്നൊക്കെ ഈ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ എന്താ നമുക്കിതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നത് യോഹനൻ്റെ സുവിശേഷം യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പതിനാലാമത്തെ വാക്യം ഒന്നാം അധ്യായം എന്നിട്ട് പതിനാലാമത്തെ വാക്യം യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു കണ്ടോ ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇവിടെ യോഹന്നാൻ യോഹന്നാൻ അപ്പോസ്തലൻ യോഹന യോഹന്നാൻ സുവിശേഷകാരൻ ആരെക്കുറിച്ച് പറഞ്ഞു വരുന്നു യേശുവിനെക്കുറിച്ച് പറഞ്ഞു വരിക യേശുവിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യേശുവിനെക്കുറിച്ച് എന്താ പറയുന്നത് അവനിൽ കൃപയും സത്യവും ഉണ്ടായിരുന്നു അവനിൽ തേജസ് ആ തേജസ് ഞങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടു പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു എന്ന് പറഞ്ഞേക്കുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തോ വിചാരിക്കുന്നത് സാധാരണഗതയിൽ കർത്താവ് വന്ന് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കർത്താവിൽ എന്തോ ഒരു വലിയൊരു തേജസ് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ യേശുവിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ആ ചിത്രങ്ങളിലൊക്കെ ചിത്രകാരന്മാർ എന്തു ചെയ്യും അവിടെ ആ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ വരച്ചു വെക്കും ഒരു തേജസ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ആ നിലയിൽ തലയ്ക്ക് ചുറ്റി ഒരു തേജസ് ഉള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്കെന്താ നമുക്കുടനെ തിരിച്ചറിയാം തിരിച്ചറിയാം യേശുവിന് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു തേജസ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ യഹൂദന്മാർക്ക് മുപ്പത് വെള്ളിക്കാശ് ലാഭമായിന് ഞാനാ പറഞ്ഞത് മനസ്സിലായോ യേശു ഈ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരേതാണ്ട് ഒരേപോലുള്ള പത്ത് പതിമൂന്ന് പേരിങ്ങനെ നടക്കുന്നു ഇതിലാരേശു അവനെ വേണം പിടിച്ച് ക്രൂശിക്കാൻ ക്രൂശിക്കാൻ പക്ഷേ ഇവരെ എല്ലാം കണ്ടാൽ ഒരുപോലെ ആയിരിക്കുന്നു ഏറെക്കുറെ ഒരേ പ്രായം ഒരേപോലൊക്കെ താടി വേഷം ഇതിലാരേശു അപരിചിതരായ റോമൻ പടയാളികൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ യേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും ഈ പറയുന്നത് പോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഹാലോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രഭാവലയം ഉണ്ടായിരുന്നെങ്കിൽ യൂതായിക്ക് മുപ്പത് വെള്ളിക്കാശ് കൊടുക്കേണ്ടി വരുമായിരുന്നില്ല എന്ത് പറഞ്ഞാൽ മതി ആ പടയാളികളോട് പറഞ്ഞാൽ മതി നിങ്ങളവിടെ കുറച്ച് ഗസവനത്തോട്ടത്തെ കുറച്ച് ചെറുപ്പക്കാരെ കാണും അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ആൾ തെറ്റിപ്പോകരുത് തലയ്ക്ക് ചുറ്റി ഒരു പ്രഭാവലയുള്ള ആളാണ് ആ തേജസ് ഉള്ള ആളാണ് യേശു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ അവനെ കാണിച്ചു കൊടുക്കാൻ നിസ്കരിയോത്തായ യൂതായിക്ക് മുപ്പത് വെള്ളിക്കാശ് കൊടുക്കേണ്ടി വന്നു എന്തുകൊണ്ട് തിരിച്ചറിയാൻ ഒക്കുമായിരുന്നില്ല അപ്പോൾ പിന്നെ ഈ പറയുന്നത് എന്താ ഇവനിൽ തേജസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ തേജസ് എന്ന് നമ്മൾ ഈ കാണുന്ന ഈ കാര്യം അവനിൽ തേജസ് ഉണ്ടായിരുന്നു തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടു എന്ന് യോഹനാൻ പറയുന്നത് എന്താ അക്ഷരാർത്ഥത്തിലുള്ള ഒരു തേജസ് അല്ല മറിച്ച് മറ്റെന്തോ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ സസ്പെൻസ് നീട്ടുന്നില്ല ഞാൻ വാക്കുകളെ ഇങ്ങനെ അവസാനിപ്പിക്കാം തേജസ് എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള തേജസ് എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അതെന്തായിരുന്നു കർത്താവിൻ്റെ സ്വഭാവമായിരുന്നു സ്വഭാവമായിരുന്നു കർത്താവിൻ്റെ സ്വഭാവം എന്താ അതിനെന്താ പ്രത്യേകത അതിനല്ലേ പ്രത്യേകതകളുള്ളത് താൻ ഒരിക്കൽ ഒരിക്കൽ ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ ഒരു ഒരു പടകിൽ ഗലീല തടാകത്തിലൂടെ യാത്ര ചെയ്യുക ഗലീല തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് കാറ്റും കോളം ഉണ്ടായി കാറ്റുംകോളം ഉണ്ടായി പടക് മുങ്ങുമെന്നായി മുങ്ങുമെന്നായപ്പോൾ എല്ലാവരും എന്തു തണ്ട് വലിച്ച് തടാകം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് കടലറിയാവുന്ന ആളുകളാണ് അവരെ കൊണ്ടാകുന്ന പണി പതിനെട്ടും അവർ നോക്കുക നോക്കുമ്പം ഒരു നിവൃത്തിയും അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ചെന്ന് ഒരാളെ വിളിച്ചോണത്തി ആരെയാ യേശു യേശു പടകിൽ തലേണ വെച്ചുറങ്ങുമായിരുന്നു തലേണ വെച്ചു എന്നൊരു സുശേഷത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആരേലും ഒരു തലേണ തന്ന ഓ തലേണ നമ്മൾ വെക്കുകയില്ല എന്ന് പറയേണ്ട തലേണ ഉണ്ടെങ്കിൽ തലേണ വെച്ച് തന്നെ സൗകര്യം ഉറങ്ങിക്കും അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല യേശു തലേണ വെച്ച് ഉറങ്ങായിരുന്നു പടകിൽ തലേണ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഉറങ്ങുന്നു യേശു എങ്ങനെ അങ്ങനെ ഉറങ്ങാൻ പടകിപ്പം മുങ്ങും താനും തൻ്റെ കൂടെ ആളുകളും എന്തു ചെയ്യും ഈ തടാകത്തിൽ മുങ്ങി മരിക്കും എന്ന് ഒരു അനർത്ഥം കണ്ണിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരല്ലലും ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ ഉറങ്ങാനൊക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ പലരും വലിയ ഭീതിയിലായിരുന്നു ഇപ്പോൾ രാത്രിയിലെങ്ങാനും വെള്ളം വരച്ചു കയറി നമ്മുടെ നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ അതിൻ്റെ പേടിക്കുന്നത് തെറ്റൊന്നുമില്ല എന്തുകൊണ്ട് യേശുവിന് ആ നിലയിൽ ആ ഉറങ്ങാൻ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് തനിക്ക് തൻ്റെ പിതാവിലൊരു വലിയ സുരക്ഷിതത്വമുണ്ടായിരുന്നു പിതാവറിയാതെ എൻ്റെ പിതാവ് അറിയാതെ തലയിലെ ഒരു മുടിനാരി പോലും വീഴുകയില്ല എന്നുള്ള വലിയ സുരക്ഷിതത്വ ബോധമാണ് യേശുവിനെ എന്തു ചെയ്തത് യേശുവിനെ പടകിൽ ഉറങ്ങാൻ സഹായിച്ചത് ആ നമുക്ക് ചരിത്രം അറിയാം ഉടനെ തന്നെ അവർ അവർ യേശുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു നോക്ക് തനിക്ക് ഒരു സുരക്ഷിതത്വ ബോധമുണ്ടായിരുന്നു തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത് തനിക്കെന്തുണ്ടായിരുന്നു തനിക്ക് ഈ ദൈവമുമ്പാകെയാണ് പിതാവിൻ്റെ മുൻപാകെയായിരുന്നു തൻ്റെ ജീവിതം അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പിന്നെ ഞങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് ബ്രദറെ നമ്മുടെയൊക്കെ ജീവിതം സത്യത്തി ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഒരു ദിവസം പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയില്ലേ എന്നാലും എന്തോ തോന്നും എന്ന് പറയാറില്ലേ അഥവാ നിങ്ങളാരും അങ്ങനെ പറയാറില്ല ഞാൻ മാത്രമേ പറയാറുള്ളൂ അവർക്കൊക്കെ എന്തോ തോന്നും മറ്റുള്ളവരെന്തോ ചിന്തിക്കും അങ്ങനെ ഒരു കാര്യം യേശുവിനുണ്ടായിരുന്നില്ല യേശു എന്താ തൻ്റെ പിതാവിൻ്റെ കണ്ണിന് മുമ്പിലാണ് താൻ ജീവിച്ചത് അന്ന് തനിക്കെതിരെ തൻ്റെ കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്താനായിട്ട് പരീശന്മാരും പുരോഹിതന്മാരും പല നിലയിൽ ശ്രമിച്ചു പല നിലയിൽ ശ്രമിച്ചു തന്നോട് വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടു അവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വായിച്ചു നോക്കുക അവിടെ ഒന്നും യേശു എന്തു ചെയ്തില്ല തരുമ്പും ആ കാര്യത്തിൽ മനുഷ്യരെ ഭയപ്പെട്ടല്ല ജീവിച്ചത് തനേരിശ്ലേമിൽ ചെന്നു എവിടെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പിതാവുമായിട്ട് ആ നിലയിലൊരു ആത്മാവിലൊരു സ്പർശതയുള്ളവനായിരുന്നതുകൊണ്ട് ഒരു തവണ സുവിശേഷങ്ങളിലെ രണ്ട് വട്ടം യേശു എരിശലേം ദേവാലയത്തിൽ ചെന്നതും അതിനെ അവിടെ നിന്ന് ഇവരെ പുറത്താക്കുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വേദപണ്ഡിതന്മാർ പറയുന്ന യേശുവിൻ്റെ ജീവിതത്തിൽ പരശുശുശ്രൂഷയുടെ തുടക്ക സമയത്തും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് അവസാന സമയത്തും ഉണ്ടായിട്ടുണ്ട് രണ്ട് സമയത്തുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ആയിക്കോട്ടെ അപ്പോൾ ആളുകളെന്ത് പറയും അല്ലെങ്കിൽ അത് പുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെടുമോ അത് തന്നെ ക്രൂശിക്കുന്നതിന് മുഖാന്തരമാകുമോ ഇങ്ങനെയുള്ള പേടിയൊന്നും കൂടാതെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യത്തക്കവണ്ണം യേശു ദേവാലയം ശുദ്ധിയാക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് അവരോട് സംസാരിക്കുന്ന രംഗമോ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ തന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ ഭയപ്പെട്ടില്ല മനുഷ്യരുടെ മുൻപാകെ ജീവിച്ചില്ല പിതാവിൻ്റെ മുൻപാകെ ജീവിച്ചു തൻ്റെ അടുത്ത് വരുമ്പോൾ ഇത്രയും ദൈവത്തോട് സ്പർശ്യതയുള്ള ഒരാൾ എപ്പോഴും ഒരു ദിവ്യനായിട്ട് ആളുകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ സാധാരണഗതിയിൽ ആര് പേടിക്കും പാപം ചെയ്യുന്ന ആളുകൾ പേടിക്കും ഇന്ന് തന്നെ ഒരു വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ നമ്മളവിടെ ഉണ്ട് ഒരു വിശുദ്ധൻ അവിടെ ഇരുന്നാൽ നമ്മൾ ഒരു ഒരു നാഴി അപ്പുറത്തൂടെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോകും പുള്ളിയുടെ അടുത്ത് അങ്ങാണിച്ചെന്ന് നമ്മുടെ പാപമല്ലോ പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് അപ്പോൾ സത്യത്തിലൊരു വിശുദ്ധൻ ഒരു ദിവ്യനുണ്ടെങ്കിൽ ആ ദിവ്യനെ അഭിമുഖീകരിക്കാനൊക്കാത്ത ആളുകളാരാ പാപികളാണ് പാപികളാണ് പക്ഷെ ഒരു കോൺട്രാസ്റ്റ് നോക്കുക യേശുവിൻ്റെ അടുത്ത് അന്ന് സമൂഹം പാപികളെന്ന് വിധിച്ച ആളുകൾക്കൊക്കെ വളരെ ഒരു ഫീലറ്റ് ഹോ സ്വന്തം വീട്ടിൽ ചെല്ലുന്ന പോലെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യേശുവിനെ അവസാനം ഈ പുരോഹിതന്മാരും പരീക്ഷന്മാരും ഒക്കെ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിത എന്നൊരു മുദ്ര ചാർത്തി കൊടുത്തു ഒടുവിൽ യേശുവിൻ്റെ ജീവിതമെല്ലാം നോക്കിയിട്ട് അവരൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിത ശരിയല്ലേ ചുങ്കക്കാര് ചുങ്കക്കാരെ ഏറ്റവും പാവിയായിട്ട് കരുതിയിരുന്ന ആളുകൾ അതുപോലെ തന്നെ വേഷ്യന്മാർ അറിയപ്പെടുന്ന ആ നിലയിൽ മോശപ്പെട്ട ജീവിതം നയിച്ച ആളുകൾ അവർക്കൊക്കെ കർത്താവിൻ്റെ അടുത്ത് വരാമായിരുന്നു ദൈവവുമായിട്ട് ഈ നിലയിൽ അടുത്ത ഒരു ബന്ധമുള്ള ആളിൻ്റെ അടുത്ത് ഒരു ദിവ്യൻ്റെ അടുത്ത് സാധാരണഗതിയിൽ പാപികളായ ആളുകൾക്ക് പ്രവേശനമില്ലാതിരിക്കേ ഈ പാപികളായ പാവപ്പെട്ട പാപികളായ സമൂഹം പാപികളെന്ന് മുദ്ര ആളുകൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടടുത്ത് വരാമായിരുന്നു എന്നാൽ യേശുവിൻ്റെ അടുത്ത് വരാൻ കഴിയാഞ്ഞ ആളുകളാരാ അവരെ അന്നത്തെ മത അറിയപ്പെടുന്ന വലിയ ആളുകളുമൊക്കെ ആയിരുന്നു അവർക്ക് അടുത്ത് വരാൻ കഴിഞ്ഞില്ല സാധാരണ നമ്മൾ വിചാരിക്കുന്നതിന് വ്യത്യാസമാണ് കർത്താവിൻ്റെ ജീവിതം എന്താ ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥമെന്താ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് ചെല്ലുന്ന ആളിനെന്തുണ്ട് ധാരാളമായ പ്രവേശമുണ്ട് അതേസമയം ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല ഞാൻ തിരുവചനമൊക്കെ ഇരുന്ന് പഠിച്ച ആളാണ് ന്യായപ്രമാണമെല്ലാം വള്ളി പുള്ളി വായിച്ച് പഠിച്ച് ഓ ഇതുപോലെ യഹൂദ ന്യായ പ്രമാണെ സംബന്ധിച്ചെല്ലാം എനിക്കറിയാം ഞാൻ ഇവിടുത്തെ പുരോഹിതനാണ് എന്നൊക്കെയുള്ള തലക്കനമുള്ള ആളുകൾക്ക് എന്ത് പറ്റുകയില്ലായിരുന്നു അടുത്ത് വരാനായിട്ട് ഒക്കുകയിലായിരുന്നു അവർക്കൊരു ഫീൽ അറ്റുപോകം യേശുവിൻ്റെ അടുത്ത് തോന്നുമായിരുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് യേശു യേശുവിൻ്റെ അടുത്ത് പാപികളായ ആളുകൾക്ക് ധാരാളമായ പ്രവേശമുണ്ടായിരുന്നു എന്നാൽ തന്നിൽ തന്നെ നിറവുള്ള ആളുകൾക്ക് യേശുവിൻ്റെ അടുത്ത് വരാനായിട്ട് കഴിയുമായിരുന്നില്ല നമ്മൾ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു തൻ്റെ ഈ സ്വഭാവമൊക്കെ ആയിരുന്നു ഇന്ന് നമ്മളോടെന്താ പറഞ്ഞേക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ തൻ്റെ പുത്രൻ്റെ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അവൻ്റെ തേജസ്സിനോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ആരെക്കുറിച്ചായി പറഞ്ഞേക്കുന്നത് നമ്മളെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സഭയുടെ ഭാഗമായിട്ടൊക്കെ ആയി വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവോചന പറയുക നം ഒരു കാര്യത്തിനായിട്ട് മുൻനിമിച്ചിട്ടുണ്ട് ഏത് കാര്യത്തിനായിട്ട് മുൻ നിയമിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ തേജസ് പ്രാപിക്കാനായിട്ട് മുൻ നിയമിച്ചിരിക്കുക എന്ന് തന്നല്ല ആ തേജസ് എന്തോ വേണം നാള് കഴിയും തോറും കൂടിക്കൂടി വരണം സൗരം വായിച്ച വാക്യങ്ങൾ നമുക്കറിയാമല്ലോ എന്താ ഒരു ഒരു വൺ ഡിഗ്രി ഗ്ലോറി ടു അനദർ ഡിഗ്രി ഗ്ലോറി അതിൻ്റെ കുരിന്തിന്തിന്തിന്തിന്തിന്യർ കിഴി ലേഖനം അതിൻ്റെ മൂന്നാമധ്യായം രണ്ട് കുരുന്ദിയർ മൂന്നാമധ്യായം മൂന്നാമധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യം എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അപ്പോൾ കർത്താവിലുള്ള തേജസ് ആ തേജസ് പ്രാപിക്കാനായിട്ടാണ് ഒന്ന് നമ്മളെ മുന്നേമിച്ചേക്കുന്നത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ നാള് കഴിയും തോറും നമ്മൾ ആ തേജസ് വർദ്ധിച്ചു വരണം വർദ്ധിച്ചു വരണം അപ്പോൾ എന്താ വേണ്ടത് നമ്മൾ ഒരു സഭയെന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടും സഭയെന്നുള്ള നിലയിലും തേജസ്സുള്ളവരായിരിക്കണം ആട്ടെ തേജസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു അത് കാണാവുന്ന ദൃശ്യമായ ഒരു തേജസ് അല്ല മറിച്ച് കർത്താവിൻ്റെ സ്വഭാവത്തോട് സ്വഭാവത്തോട് അനുരൂപരാകുന്ന ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ തേജസ് പ്രാപിക്കുക അതിനായിട്ടാണ് നമ്മളെ മുൻനിമിച്ചിരിക്കുന്നത് എന്നെ കർത്താവ് കണ്ടത് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ മുൻനിർണ്ണയിച്ചിരിക്കുന്ന ഈ കാര്യത്തിനാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധിക്കും കർത്താവിൻ്റെ സ്വഭാവം ഒരു കാര്യത്തോട് അടുത്ത് വരുമ്പം നമ്മളെന്തു ചെയ്യും അതേമേ നിൻ്റെ സ്വഭാവം നീ എങ്ങനെ ഈ കാര്യത്തിൽ പെരുമാറുമോ ആ അതുപോലെ പെരുമാറാൻ എന്നെ സഹായിക്കണേ അത് കേവലം മീറ്റിങ്ങുകൾക്ക് കൃത്യമായിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഈ ക്രിസ്തീയ മതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിറവേറ്റുന്നതിനോ അപ്പുറത്തുള്ളൊരു കാര്യമാണ് ക്രിസ്തീയതയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തോണം ഒന്ന് റിലീജിയൻ മറ്റേത് സ്പിരിച്വാലിറ്റി നമുക്കിതിൻ്റെ അകത്ത് ഏതുമായിട്ടാണ് ബന്ധം വേണ്ടത് സ്പിരിച്വാലിറ്റി കർത്താവുമായിട്ടാണ് ബന്ധം മതം മതമെന്താ ക്രിസ്തീയ മതം അത് ഏത് മതം പോലെയും തന്നെ ഏത് മതം പോലെയും തന്നെ മതം നമ്മളെ രക്ഷിക്കുകയില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വിചാരിക്കുക എല്ലാ ഞായറാഴ്ചയും വരുന്നു ആ സ്ത്രോത്രാഴ്ച പാത്രത്തിൽ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും അത് നമ്മളെ രക്ഷിക്കുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവം അതിനായിട്ടാണോ നമ്മളെ വിളിച്ചത് സൗര സൗരി ഒരു മീറ്റിങ്ങിന് നീ വന്നില്ലെങ്കിലും സാരമില്ല നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് നാളെ കഴിയും തോറും വർധിച്ചു വരുന്നെങ്കിൽ അതിനായിട്ടാണ് ദൈവം നിന്നെ മുൻനിമിച്ചത് ഞാനിവിടെ വരുന്നവർ അടുത്ത ആഴ്ച വരണ്ട എന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ കാര്യം ഉണ്ടാവണം ഒപ്പം മീറ്റിങ്ങിനും വരണം ഉവ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം നമ്മൾ റിയലായിട്ടുള്ള റിയാലിറ്റിയെ ആണ് നമ്മൾ പിടിക്കേണ്ടത് അതായത് കർത്താവായ യേശു കഴിഞ്ഞ ദിവസം എനിക്ക് ഗ്രീക്ക് ഒന്നു പറഞ്ഞുകൂട ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് നിങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഇച്ചിരി ഗ്രീക്കൊക്കെ പഠിച്ചേച്ച് വന്ന് അത് എക്ലീസിയ എന്നാണ് അവിടെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ വന്നതിന് ഒരു പറയുന്നതിന് ഒരു ഗൗരവം വന്നേ പക്ഷേ നിർഭാഗ്യവിശേഷം ഞാൻ ഗ്രീക്ക് പഠിച്ചിട്ടില്ല പക്ഷേ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളിടത്തെ സത്യം ട്രൂത്ത് ട്രൂത്ത് എന്ന് പറയുന്നത് ഗ്രീക്കിൽ റിയാലിറ്റി എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വ്യത്യാസം മനസ്സിലായോ യേശു ക്രിസ്തു സത്യവും ജീവനുമാകുന്നു സത്യം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ സത്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് സത്യമെന്ന് പറഞ്ഞാൽ എന്താ സത്യമെന്ന് പറഞ്ഞാൽ ഒത്തിരി തിയോളജിക്കൽ സത്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു സൗ എന്നെ ഒരിക്കൽ എന്നോട് ചോദിച്ചു ആ എന്നെ വിളിച്ച് ചോദിച്ചിട്ടു ബ്രദറെ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൽ കാണുന്ന സ്ത്രീ ആരാന്ന് ചോദിച്ചു വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൽ സ്ത്രീയെ കാണുന്നുണ്ടല്ലോ സോ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അതാരാ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞൂട ഞാൻ പറഞ്ഞു എനിക്കാകെപ്പാടെ ഒരു സ്ത്രീയെ അറിയുള്ളൂ അതെൻ്റെ ഭാര്യയാണ് വേറെ സ്ത്രീകളെ ഒന്നും എനിക്കറിഞ്ഞൂടാ ദൈവിയെ തന്നെ വിടണം എന്ന് പറഞ്ഞു ഒത്തിരി തിയോളജിയുണ്ട് ഈ വെളിപ്പാട് പന്ത്രണ്ടിൽ കാണുന്ന സ്ത്രീ ചില തിയോളജീൻസ് പറയുന്നത് അത് യഹൂദാ മതമാണ് യഹൂദാ മതത്തിൽ നിന്ന് ആ സ്ത്രീ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പ്രസവിച്ചു അതിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ആളുകളാണ് പറയാറുണ്ട് വേറെ ചിലർ പറയുന്നത് ദൈവസഭയ ഉദ്ദേശമാണ് പല പല വ്യാഖ്യാനങ്ങളുണ്ട് ഇതിലേതാണ് ഇതിപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്രിസ്തീയതയോട് ചേർന്ന് ചില മിത്തുകളുണ്ട് ചില നമ്മൾ വിചാ അതേ കയറി പിടിക്കരുത് അതേലിൻ്റെ പുറകെയല്ല നമ്മൾ പോകേണ്ടത് ഇപ്പോൾ വെളിപ്പാട് പന്ത്രണ്ടിലെ സ്ത്രീ യഹൂദാജാതി ആയാലും വേറെ എന്തെങ്കിലും ആയാലും നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൂടെ ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നതിന് ഇത് വല്ലതും തടസ്സമാണോ തടസ്സമല്ല പക്ഷേ ഇത് തിയോളജി അല്ലേ തിയോളജിയാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ട്രൂത്താണ് നമ്മൾ തിയോളജിക്കൽ ട്രൂത്തിനെയല്ല പിന്തുടരേണ്ടത് നമ്മൾ എന്തിനെയാണ് പിന്തുടരുന്നത് റിയാലിറ്റിയാണ് യാഥാർത്ഥ്യത്തെയാണ് പിന്തുടരേണ്ടത് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും റിയാലിറ്റിയും വഴിയും സത്യവും സത്യവും എന്നുള്ളതിന് ഗ്രീക്കിൽ ആ വാക്ക് പറഞ്ഞേക്കുന്നത് ഞാൻ എന്താ ഇവിടെ നമ്മൾ യോഹനിലിപ്പോൾ വായിച്ചിടത്തോളം സത്യവും കൃപയും നിറഞ്ഞവനായിരുന്നു എന്നുടലിടത്തും റിയാലിറ്റിയാണ് യേശുവിൽ എന്താ ഉള്ളത് കുറച്ച് ട്രൂത്ത് അല്ല ഉള്ളത് മറിച്ചെന്താ റിയാലിറ്റിയാ ഉള്ളത് യേശുവിൻ്റെ ജീവിതം വളരെ റിയലായിരുന്നു ആളുകളോട് ഇടപെട്ട് നമ്മുടെ ജീവിതവും അങ്ങനെ നമ്മുടെ ജീവിതവും ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളോടും ബസ്സേ കയറുമ്പോൾ അവിടെയുള്ള ആളുകളോടും ബസ്സിന് കൈ കാണിച്ചിട്ട് നിർത്താതെ പോകുമ്പോൾ അതിൻ്റെ പുറകെ ഓടിയും ഒക്കെ നമ്മുടെ ജീവിതം അങ്ങ് തീരുക ഇങ്ങനെയൊക്കെയുള്ള ജീവിതം ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ഒരു ആത്മീയത പുലർത്തണം ആ ആത്മീയത പുലർത്താൻ ആരുമായിട്ടുള്ള ബന്ധം നമ്മളെ സഹായിക്കും യേശുവുമായിട്ടുള്ള ബന്ധം നമ്മളെ സഹായിക്കും അവൻ്റെ സ്വഭാവത്തോട് നാൾ കഴിയും തോറും നമ്മൾ അനുരൂപരായി വരണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ പലരും എന്താ ഇത് ലളിതമാണ് പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇതിനെ അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കോളാം എന്നായി തിയോളജിയൻസ് ഒക്കെ ചിന്തിച്ചേക്കുന്നത് ഇത് വളരെ ലളിതമാണ് പ്രിയ സ്വ ഒരാകെപ്പാടെ എന്തോ മതി കർത്താവുമായിട്ടൊരു ബന്ധം ആ ബന്ധം നാൾ കഴിയും ശക്തിപ്പെടുക അത് അത് നമ്മളെ വേറൊരുതരം മനുഷ്യരാക്കി തീർക്കും ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല ഇവിടുത്തെ പ്രയോറിറ്റികളൊന്നും നമ്മളെ ബാധിക്കുകയില്ല നമ്മൾ വേറൊരുതരം ആളുകളെപ്പോലെ ഒരു ഔട്ട്സൈഡറെ പോലെ ഈ ലോകത്തിന് പറ്റാത്ത ആളുകളെപ്പോലെ ജീവിച്ചു പോകും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആകത്തുക അങ്ങനെ ഒരു ജീവിതം അതിന് പക്ഷേ ഒരു വില കൊടുക്കണം ആ വില കൊടുക്കാൻ പലർക്കും മനസ്സില്ല അതിന് പകരം സൗകര്യം ക്രിസ്തീയ മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുക ഞാൻ എല്ലാ ഞായറാഴ്ചയും മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞ വർഷം എല്ലാ ഞായറാഴ്ചയും മീറ്റിങ്ങിന് വന്നു ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ തുകയെല്ലാം കൊണ്ടു തന്നു ഇങ്ങനെയൊക്കെ റിച്വലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആ റൊട്ടീൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ അതുകൊണ്ട് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നാണെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് പ്രിയപ്പെട്ടവരെ നേരെ മറിച്ച ഇതൊരു ജീവിതമാണ് ഇതൊരു ജീവിതമാണ് ഈ ജീവിതത്തിൽ കർത്താവുമായിട്ട് ചേർന്ന് നടക്കുക അങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണമെന്ന ആളുകളാരും നമ്മളെ വന്ന് പ്രബോധിപ്പിക്കേണ്ട നമുക്ക് തന്നെ കർത്താവുമായിട്ടുള്ള സ്പർശതയിൽ തോന്നും ഓ ഞാനത് പറയേണ്ടായിരുന്നു ഞാൻ അങ്ങനെ അല്ലായിരുന്നു പെരുമാറുണ്ട് കഴിഞ്ഞൊരു ദിവസം ഞാനും ഒരു സാധനം കൂടെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചു വന്നപ്പം വേറൊരു റോഡ് റോട്ട് റേജ് എന്ന് പറഞ്ഞിപ്പോൾ ഒരു പ്രയോഗമുണ്ട് വഴി ക്രോധം എന്നോ മറ്റോ മലയാളത്തിൽ തർജ്ജിമ ചെയ്യാം ഈ പല വാക്കുകളും കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടായി വരും ഉണ്ടായി വരുമ്പോൾ സായിപ്പ് ആദ്യം ആ വാക്കുണ്ടാക്കുന്നത് ഇപ്പോൾ സായിപ്പ് ഉണ്ടാക്കിയ ഒരു പുതിയ വാക്കാണ് റോഡ് റേജ് എന്ന് വെച്ചാൽ മലയാളത്തിൽ അത് ഇതേ വരെ വന്നിട്ടില്ല എങ്കിലും നമുക്കതിനെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം വഴി ക്രോധം വഴിയിലുള്ള ക്രോധം എന്താ ആകെപ്പാടെ റോഡ് ഇത്രയേ ഉള്ളൂ വണ്ടികളുടെ എണ്ണം പെരുകി അതുകൊണ്ടെന്താ അതുകൊണ്ട് വഴിയിലെവിടെ നിന്നാലും നമുക്ക് തർക്കമാണ് ഹാ നിന്നോടാർ പറഞ്ഞ് ഇങ്ങോട്ട് എടുക്കാം എൻ്റെ ഹോണം അങ്ങനെ അടിക്കേണ്ട കാര്യമുണ്ടോ എന്നും വേണ്ട വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇപ്പോഴും പ്രശ്നം ഞാനും നമ്മുടെ ഒരു സഹോദരനും കൂടെ പോയപ്പോൾ ഒരു വഴിക്രോധമുണ്ടായി വേറൊരു വേറൊരു ബസ്സുകാരൻ വന്നു നമ്മൾ നമ്മൾ വണ്ടി ഓടിച്ചു പോയെങ്കിൽ നമ്മൾ പുറകോട്ടെടുത്ത് മാറ്റി നിർത്തി അവനെ കയറ്റി വിട്ടു എങ്കിലും ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് പോയത് എങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പം വണ്ടി ഓടിച്ച സോഹരൻ എന്നോട് പറഞ്ഞു ബ്രതറേ വേണ്ടായിരുന്നല്ലേ വേണ്ടായിരുന്നല്ലേ എന്നുവെച്ചാൽ കണ്ടു നിന്നവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി കയ്യടിച്ചു കണ്ടോ അവരെത്രയോ മാന്യമായിട്ട് അവരുടെ വണ്ടി മാറ്റി കൊടുത്തു മറ്റേത് അവർക്കായിരുന്നു പോകാൻ മുൻഗണന എന്നിട്ടും അവരത് മാറ്റി കൊടുത്ത് മറ്റേ ബസ്സുകാരെ കയറ്റി വിട്ടു ബസ്സുകാരൊക്കെ എന്തോ പണിയാണ് കാണിക്കുന്നത് എന്നൊക്കെ ആളുകളുടെ അന്നേരം ഒരു വോട്ടെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്കായിരുന്നു അതിൽ ഭൂരിപക്ഷം കിട്ടുക എങ്കിലും വണ്ടി ഓടിച്ച സഹോരൻ പറഞ്ഞു നമ്മളത് വണ്ടി മാറ്റി കൊടുത്തു എന്നാലും എനിക്കവനോടൊരു അവനോടൊരു കയ്പ് അങ്ങനാണെന്നോ ചെയ്യേണ്ടേ ഒരു വൈരാഗ്യം അത് ഒഴിവാക്കേണ്ടിയായിരുന്നു നേരത്തെ തന്നെ വണ്ടി കണ്ടപ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തേണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വേറെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഏഹ് എല്ലാ കിളിക്കും ചിലക്കാൻ വശകന് മാത്രം ചെലക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞു വശകൻ എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ വിശകൻ എന്നു പറഞ്ഞാൽ നത്ത് നത്ത് നത്തിനെ പറയുന്നത് ഏഹ് എല്ല കളിക്കും ചലയ്ക്കാം എല്ലാ കിളിക്കും ചിലക്കാം നത്തു മാത്രം എവിടെങ്കിലും ഇരുന്നു ഒന്ന് ചലച്ചു പോയാൽ എല്ലാവരും കൂടെ ഹോണ്ടോ നത്തു ചലച്ചു നത്ത് ഏതാ നത്ത് ഏതോ ബാഡ് ഒമൻ ഏതോ തെറ്റായ ഒരു ദുശഹനം കൊണ്ടുവരുന്ന ഒരാൾ അതിൽ നിന്നാണ് മലയാളത്തിൽ ആ ചൊല്ലുണ്ടായത് എന്താ എല്ലാ കളിക്കും ചലയ്ക്കാം നത്തിന് മാത്രം ചലയ്ക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകമെന്തല്ല നമുക്ക് യോഗ്യമല്ല എല്ലാവർക്കുമാകാം മറ്റുള്ളവർക്കാകാം നമുക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരികയില്ല അതുകൊണ്ട് ബ്രദറെ ശരിയായിരുന്നു ബ്രദറ് പറഞ്ഞ പോലെ നേരത്തെ തന്നെ നമ്മളൊന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാമായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതല്ല ഈ സഹോദരനോട് ഉടനെ ഞാൻ ബൈബിളൊന്നും എടുത്ത് ബ്രതറെ നമ്മുടെ കോപം കോപം എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് അതായത് ആ നിലയിലെ കർത്താവായി യേശു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കോപമെന്ന് പറയുന്നത് കൊല ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ആ വണ്ടിക്കാരനോട് കോപ ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരക്ഷരവും വേണ്ടിയില്ല ഞാൻ ആ ബ്രദറിനോടൊപ്പം തന്നെ ആ ബ്രദറിനോട് സഹതവിച്ചും പ്രാർത്ഥിച്ചും ഞാൻ മുൻസീറ്റിലിരിക്കുന്നു എങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബ്രതർ പറയുക വേണ്ടായിരുന്നു അല്ലേ എവിടെ നിന്ന് ആ ബോധ്യം വന്ന് എവിടെ നിന്ന് ആ ബോധ്യം വന്നത് ഒരാളും പ്രസംഗിച്ചിട്ടല്ല മറിച്ച് കർത്താവിനോടൊപ്പം നടക്കുന്ന ഒരു വഴിയിൽ അത് പുറമേ കാണുന്ന ഒരു തലത്തിലേക്ക് ഒരു പൊട്ടിത്തെറിയായിട്ട് വന്നില്ല എങ്കിലും അകത്ത് നടന്ന ഒരു ക്ഷോഭം പോലും ഈ വഴിയിൽ നടക്കുന്ന ഒരാളെ വേദനിപ്പിക്കും എന്താ അവൻ്റെ വേദന എനിക്ക് വേണ്ടി കാൽവരക്കൃശ്യയിൽ മരിച്ച കർത്താവിനെ എൻ്റെ ഒരു മനോഭാവം കൊണ്ട് ഞാൻ ദുഃഖിപ്പിച്ചോ എന്നുള്ള ഒരു ചിന്തയാത് സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ് ഇത് ന്യായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമല്ല നിങ്ങൾ കോപിക്കരുത് എന്നൊരു ന്യായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് എന്നെ സ്നേഹിച്ച് എൻ്റെ കർത്താവിനെ വിഷമിപ്പിച്ചോ എന്നുള്ള ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കരുതലാ അത് പ്രിയപ്പെട്ടവരേ ഇതാ ഇതിൻ്റെ വഴി ഇത്രയുള്ളൂ ഇത്രയുള്ളൂ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമുക്ക് നൂറ് ശതമാനം പെർഫെക്റ്റായിട്ടൊന്നും ജീവിക്കാനായിട്ടൊക്കെ ഇല്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലേക്കാണേ ഒന്ന് കർത്താവിൻ്റെ തേജസ് പ്രാപിപ്പാനായിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത് അതിനായിട്ടാണ് നമ്മളെ മുൻ നിയമിച്ചേക്കുന്നത് എന്ന് മാത്രമല്ല നമുക്ക് മുമ്പിലുള്ള അറുപതോ എഴുപതോ വർഷം കൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും തേജസ്സിന്മേൽ പ്രാപിച്ച് കർത്താവിൻ്റെ സ്വഭാവത്തോടെ ചേർന്ന് മുന്നോട്ട് വരണം അതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവും പലപ്പോഴും പല രംഗങ്ങളിലും നിരന്തര ഒരു അനുതാപത്തിലാണ് നമ്മൾ ജീവിക്കുക നിരന്തര ഒരു അനുതാപത്തിലാണ് ദൈവമേ നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്രസൻ്റ് ചെയ്തതിന് ശേഷവും ഏറ്റവും നല്ലത് പ്രസൻറ്റ് ചെയ്ത ശേഷവും നമ്മൾ ദൈവീക വെളിച്ചത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അവിടെ ഒക്കെ എന്താ അവിടെ ഒക്കെ ചില രംഗങ്ങളിൽ ഞാൻ എന്തിനാ അത് പറഞ്ഞത് എൻ്റെ ഒരു മഹത്വത്തിനായിട്ടായിരുന്നു എന്താ കാര്യം പല രംഗങ്ങളിലും നമുക്കൊരു കുറവൊക്കെ തോന്നുക കുറവ് തോന്നുമ്പോൾ എന്താ വേണ്ടത് കുറവ് തോന്നുമ്പോൾ ഓ ഇങ്ങനെയൊന്നും ആർക്കും ജീവിക്കാൻ ഒക്കെ നിരന്തരം ഇത് വിട്ടേച്ച് പോകാം അത് നിരാശ മറിച്ച് എന്താ വേണ്ടത് നമ്മുടെ കുറവുകൾ കർത്താവിൻ്റെ അടുത്തേക്ക് വീണ്ടും കൂടുതൽ അടുത്ത് കർത്താവേ കർത്താവേ കഴിഞ്ഞില്ല എങ്കിലും എന്താ എങ്കിലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ മുന്നോട്ട് നടത്തും ആ ഒരു ബോധ്യത്തിൽ വീണ്ടും സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇന്ന് നമ്മളെ വേട്ടയാടുന്ന പല പാപങ്ങളുടെയും പിടി നമ്മളിൽ നിന്ന് അയഞ്ഞയഞ്ഞ് വരും കോപിച്ചുകൊണ്ടിരുന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിള്ളേരെ എടുത്ത് ഭാര്യയെ തല്ലിക്കൊണ്ടിരുന്ന സഹോദരൻ ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു കുഞ്ഞാട് പോലെ ആയി കോപം എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് സംഭവിച്ചത് നിരന്തരം തന്നെ തന്നെ വിധിക്കുകയും ദൈവിക വെളിച്ചത്തിന് മുമ്പിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ചെയ്ത് ചെയ്ത് ചെയ്ത് അങ്ങനെയാണ് ആ കാര്യത്തിൽ ഒരു വിടുതൽ ദുർമോഹം കണ്ണിൻ്റെ മേൽ നിയന്ത്രണമില്ലാത്ത ചെറുപ്പക്കാർ പക്ഷേ നീ അത് അത് സമ്മതിക്കുക ഞാൻ അങ്ങനെ ഒരാളാണ് എന്ന് സമ്മതിക്കുക അതിലൊരു മാറ്റം വരണം കാരണം എന്നെ വിളിച്ചേക്കുന്ന തേജസ്സിന് മേൽ തേജസ് പ്രാപിക്കാനാണ് എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ ഒരു ജാഗ്രതയോടെ ഓരോ നിമിഷവും നിൽക്കും നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ഒരു തെറ്റിനെക്കുറിച്ച് ഒരു ബോധ്യം നൽകുമ്പോൾ ആ ബോധ്യം നൽകുമ്പോൾ അതിനു മുമ്പാകെ അനുദപിച്ച് വീണ്ടും കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ധൈര്യത്തോടെ സന്തോഷത്തോടെ നടക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ പാപത്തിൻ്റെ പിടി നമ്മിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും പണത്തോടുള്ള സ്നേഹം പലരുടെയും വിശ്വാസികളെന്ന് പറയുന്ന പല ആളുകളും അവർ വിശ്വാസത്തിലേക്ക് വരുന്നതെന്താ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള വലിയ നിലപാടൊന്നുമില്ല കാൽവര കൃഷി കർത്താവിനിക്കു വേണ്ടി മരിച്ചു അങ്ങനെ വിശ്വസിച്ചവരെല്ലാം കൈപൊക്കി നമ്മളും കൈപൊക്കി ആളും കൈപൊക്കി ഇന്ന് മുതൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ജീവിതം അങ്ങ് തുടങ്ങുക പക്ഷേ നമ്മുടെ പ്രയോറിറ്റികൾ പലതും മാറിയിട്ടില്ല പണ്ട് നമ്മുടെ പ്രയോറിറ്റി എന്തായിരുന്നു കമന്ന് വീണാൽ കാപ്പണം എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക ഇതാണ് നമ്മുടെ എന്തോ പരിപാടിയാണേലും ഏഹ് കാലു തെറ്റി കമന്നു വീണാലും അവിടെ ഒരു കാ പണം കയ്യിലെടുക്കണം അത് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഈ ഒരു ലക്ഷ്യമുള്ള പണസ്നേഹം എങ്ങനെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വയ്ക്കുന്നത് എങ്ങനെയാണ് വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നിലയിലുള്ള കർത്താവിൽ നോക്കുക കർത്താവില് പണസ്നേഹം ഉണ്ടായിരുന്നു യോഹനാൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് പോയി വേഗം മക്കളെ നിർത്താം യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാം അധ്യായം എൻ്റെ ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് അത് വായിക്കാൻ സമയമില്ല അന്ത്യ അത്താഴത്തിൽ യേശു ഇസ്കരിയോത്തായ് യോദാവിനെന്ത് ചെയ്തു ഇസ്കരിയോത്തായ് യൂധാവിനെ കണ്ണം മുക്കിക്കൊടുത്തു കണ്ണം വാങ്ങിയ ഉടനെ അവന് സാത്താനവനിൽ കടന്നു യേശു നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു നീ ചെയ്യുന്നത് എന്താ വേഗത്തിൽ ചെയ്യുക കർത്താവിനറിയാം എന്താ ഇവനെ ഉദ്ദേശിച്ചേക്കുന്നത് ഇവ മുപ്പത് വെള്ളിക്കാശ് അച്ചാരം വാങ്ങി പോക്കലിട്ടേച്ചാ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ചെയ്യാനുള്ള വേഗം ചെയ്തോ എന്ന് പറഞ്ഞു പക്ഷേ കേട്ടിരുന്ന ബാക്കിയുള്ളവർ വിചാരിച്ചു എന്താ അതാണ് ഞാൻ പറയാൻ വന്നത് അതിൻ്റെ ഇരുപത്തൊമ്പതാം തേക്ക് പണസഞ്ചി യൂതായുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടത് മേടിപ്പാനോ ദരിദ്രന്മാർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി അതായത് ആ ആ ചെറിയ സഭയിലെ യേശുവിൻ്റെ ആ ചെറിയ സഭയിലെ ട്രഷററ് ട്രസ്റ്റി ആരായിരുന്നു ട്രസ്റ്റി യൂതാസ്കരിയാത്തവ ആയിരുന്നു അതിൻ്റെ ട്രസ്റ്റി അതുകൊണ്ട് യേശു പറഞ്ഞു നീ ചെയ്യാനുള്ള വേഗം ചെയ്യാമെന്ന് പറഞ്ഞപ്പം കേട്ടിരുന്നവർ വിചാരിച്ചാൽ എന്താ പെരുന്നാളിന് വല്ലതും വാങ്ങിക്കാനായിരിക്കും അല്ലേ പാവങ്ങളെ സഹായിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു നമുക്കറിയാമല്ലോ ഈ യൂതാ യൂതാ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഈ പണസഞ്ചി അവൻ്റെ പക്കലുള്ളതുകൊണ്ട് അതിൽ നിന്ന് തനിക്കായിട്ട് എടുത്തു കൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ഒരിക്കലെങ്കിലും ആളുകളുടെ ഉപയോഗിച്ച് യൂതായോട് പറഞ്ഞു യൂതായേ പരിപാടിയൊക്കെ കൊള്ളാം പൈസ നിന്നെ ഏൽപ്പിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ആവശ്യമില്ലാതെ പൈസ എടുക്കരുത് എന്ന് യേശു ഒരിക്കൽ പോലും ഇവനെ തുറന്നു കാണിച്ചില്ല അതുകൊണ്ട് അന്ത്യ സമയത്തും നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാമെന്ന് വിചാ പറഞ്ഞപ്പം കൂടുള്ളവർ വിചാരിച്ചത് ഒരു ട്രസ്റ്റിയെന്നുള്ള നിലയിൽ ആ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെ വിളിച്ചേക്കുന്നത് ആ കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്യാനായിരിക്കും യേശു അവനെ ഇൻട്രസ്റ്റ് ചെയ്തത് എന്ന് വിചാരിക്കാൻ കാരണം ഒരിക്കലും യേശു അവനെ തുറന്ന് കാണിച്ചില്ല പക്ഷേ യേശുവിനെ അറിയലായിരുന്നോ ഇവൻ ഈ പണസഞ്ചിയിൽ നിന്ന് പൈസ കാര്യം പൈസ എന്നുള്ള കാര്യം കർത്താവിനെ അറിയായിരുന്നു പക്ഷേ കർത്താവിൻ്റെ ലക്ഷ്യം പണമായിരുന്നില്ല കർത്താവ് അത് അതൊരു ഗൗരവമുള്ള കാര്യമല്ല അതിനേക്കാൾ അവന് വേണ്ടി ഒക്കെയായിരുന്നു അവനെ ആളുകളുടെ മുമ്പാകെ തുറന്ന് കാട്ടിയില്ല ഞാൻ പറഞ്ഞു വന്നത് പണത്തോടുള്ള യേശുവിൻ്റെ മനോഭാവം ഇങ്ങനെയൊക്കെയുള്ള ബൈബിളിലെ വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കെന്താ നമുക്ക് കമന്നു വീണാൽ കാപ്പണം എന്ന നമ്മുടെ പഴയ തത്വവും കൊണ്ട് ക്രിസ്തീയ ലോകത്ത് ജീവിക്കാൻ ഒക്കുകയില്ല കർത്താവിൻ്റെ പ്രസാദം ലഭിക്കുകയില്ല എന്ന് നമ്മൾ വളരെ വേഗത്തിൽ കണ്ടെത്തും വളരെ വേഗത്തിൽ കണ്ടെത്തുമ്പോൾ അതിൽ എങ്ങനെ മോചനം കിട്ടും മോചനം കിട്ടുന്നത് വീണും എഴുന്നേറ്റും പിന്നെയും വീണും പിന്നെയും എഴുന്നേറ്റും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് നമുക്ക് കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമായ കാര്യങ്ങൾ ശരിയല്ല അതിൽ നിന്ന് മാറണം എന്ന് ആ ഒരു ബോധ്യത്തോടെ നമ്മൾ അതിനായിട്ട് സമർപ്പിതരാണെങ്കിൽ ദൈവം നമ്മളൊരു പ്രവൃത്തി ചെയ്യും നമ്മളൊരു പ്രവൃത്തി ചെയ്യും അത് അങ്ങനെ വരുമ്പോൾ നാളെ കഴിയും തോറും ഫ്രം വൺ ഡിഗ്രി ഗ്ലോറി ടു അനദർ ഡിഗ്രി ഗ്ലോറി അനദർ ഡിഗ്രി ഗ്ലോറി പ്രിയ സഹോദരന് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം യശിയാവിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞല്ലോ യശിയാവിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ നിന്ന് ആറാം അധ്യായത്തിൽ ആറാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും മുങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എന്താ സൈന്യങ്ങളുടെ ഹോ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ദൂതന്മാർ സ്വർഗത്തിൽ ആർത്ത് പ കാണുന്നു അപ്പോൾ യശയ്യാവ് പ്രവാചകനാണേ അന്നത്തെ ഇസ്രായേലിലെ ഏറ്റവും ദിവ്യനായ ആളാണ് ഏറ്റവും ദൈവമായിട്ട് ബന്ധമുള്ള ആളാണ് ഈശയ്യാവ് ആ എശയ്യവ് ഉടനെ പറയുക അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത ആധാരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആധാരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു കണ്ടോ ദൈവത്തിൻ്റെ ഒരു ദർശനം സ്വർഗത്തിൻ്റെ ഒരു ദർശനം ദൈവ വെളിച്ചത്തിൻ്റെ ഒരു ദർശനം നമ്മളെ എന്തിലേക്ക് നയിക്കും നയിക്കണം പാപബോധത്തിലേക്ക് നയിക്കണം ഏഷ്യാവിൽ ഈ പറയുന്നത് പോലെ ശുദ്ധിയില്ലാത്ത അതരങ്ങളുമായിട്ട് താന് അവിടെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടന്ന ഒരാളാണെന്നാണോ നമ്മൾ കരുതേണ്ടത് അല്ല അന്നുള്ള ഇസ്രായേലിലെ ആരെക്കാളും വിശുദ്ധനായിരുന്നു എന്നാലും ആ ദൈവിക വെളിച്ചത്തിന് മുമ്പാകെ താൻ തൻ്റെ കുറവിനെയാ കാണുന്നത് അതുകൊണ്ട് സഹോദര സഹോദരി നീ ഞാനും പോകുമ്പോൾ നമുക്കിങ്ങനെ നിരന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലോ വെളിച്ചത്തിലോ നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ച് കുറവുകളെക്കുറിച്ച് ദൈവം ബോധ്യം തരുമ്പോൾ അതിൽ അതിൽ ഭയപ്പെട്ടു പോകരുത് അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളോട് എന്തിനു നമ്മളെ തേജസ്സിന്മേൽ തേജസ്സിലേക്ക് നടത്താനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തന വിധത്തിൻ്റെ ഭാഗമാണത് യശയാവ് ആ നിലയിൽ തന്നെ തന്നെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പം അവൻ എന്ത് ചെയ്തു അവൻ അവിടെ അനുദപിച്ചു അനുദപിച്ചു അനുദപിച്ചു കഴിഞ്ഞപ്പം ദൈവം എന്താ ചെയ്തത് അതിൻ്റെ എട്ടോ ഒമ്പതോ വാക്യത്തിൽ ഓ ആർ നമുക്ക് വേണ്ടി പോകും ഉടനെ ശരിയാവരെ എന്നെ അയക്കണേ ശരി നീ പൊക്കോ നീ പോകാൻ യോഗ്യനാ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് രണ്ട് വാക്യം പുറകെ പറഞ്ഞവനെ എന്താ ദൈവത്തിൻ്റെ ഒരു ദൗത്യവുമായിട്ട് അയക്കത്തക്കവണ്ണം ശുദ്ധീകരിച്ചു എങ്ങനെ ഇതിൻ്റെ ഇടയിൽ എന്ത് നടന്നു അവനവൻ്റെ കുറവ് കണ്ടു കർത്താവിൻ്റെ അടുത്ത് ചെന്നു ആ അനുതാപത്തിൻ്റെ ഒരു വാക്കൊരു മനോഭാവം മതി ആ ഉടനെ തന്നെ അവനെ ക്ലൻസ് ചെയ്തു നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഒരു വാക്യം കൂടെ ഒരു വാക്യം കൂടെ വായിക്കാം അഞ്ചാമധ്യായം അഞ്ചാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ ഷിമോൻ പത്രോസ് പറയുന്നൊരു വാക്യമുണ്ട് അഞ്ചിൻ്റെ എട്ടാമത്തെ വാക്യം ഷിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കാൾ വീണു കർത്താവ് ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു ശിവൻ പത്രോസ് പറയുക നേരത്തെ പത്രോസിനെ വിളിച്ചതാ വിട്ടിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് മടങ്ങിപ്പോയതുമൊക്കെയാണ് ഇവിടെ യേശു വീണ്ടും അവൻ്റെ പടയിൽ കയറി ജനത്തോട് സംസാരിച്ചതിന് ശേഷം വലതുവശത്തേക്ക് നീങ്ങി ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പത്രോസ് വലയിറക്കി പെരുത്ത മീൻ മീൻകൂട്ടം കിട്ടി ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ ആ അനുഗ്രഹത്തിൽ മതി മറക്കുകയല്ല ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയുടെ മുമ്പാകെ ആ കണ്ടോ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുകയല്ല മറിച്ച് ശ്രീമോൻ പത്രോസ് എന്താ ചെയ്യുന്നത് അനുദിക്കുകയാണ് ചെയ്യുന്നു ഇന്നത്തെ ക്രിസ്തീയതയിൽ പലയിടത്തും വലിയ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അനുഗ്രഹം അവരെ അനുതാപത്തിലേക്ക് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം ഇല്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു പത്രോസിനൊരു വലിയ അനുഗ്രഹമാകിട്ടിയത് ഒരു പടകു നിറയെ മീൻ ഈ മീൻ നമ്മൾ വലിയൊരു വായിരുന്നെങ്കിൽ ആ പത്രോസ് അത്ര മഠേനൊന്നുമല്ല വർഷങ്ങളായിട്ട് ഈ കച്ചവടം ചെയ്യുന്ന ആളാണ് ആ ഒരു പടകു നിറയെ മീൻ ഇതൊരു ഇത്ര ടൺ മീൻ കാണും അതിന് കിലോയ്ക്ക് ഇത്ര വെച്ച് വെച്ചാൽ അതേ ഗുണം ഇത്ര സമം ഇത്ര ചുരുക്കത്തിൽ ഇത്ര രൂപ നമ്മുടെ കയ്യിലിരിക്കും അങ്ങനെയല്ലേ ഒരു ബിസിനസ്സുകാരനുടനെ കണക്ക് കൂട്ടേണ്ടത് ശ്രീമോൻ പത്രോസ് ഈ അത്ഭുതത്തിന് മുമ്പാകെ തൻ്റെ ബിസിനസ് താല്പര്യം മറന്നുപോയി താൻ എന്തോ കണ്ടു അവിടെ ദൈവത്തിൻ്റെ തേജസ്സാണ് കണ്ട് ആ തേജസ്സിനു മുമ്പാകെ സ്വന്തം കുറവുകളെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ട് പറയുന്നു കർത്താവേ മതി ഭാവിയായ എന്നെ വിട്ടുപോണേ ഞാൻ കൊള്ളുകയാണ് ഉടനെ കർത്താവ് എന്തോ ചെയ്തു കർത്താവ് പറഞ്ഞു നീ എൻ്റെ കൂടെ ഇരിക്കേ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞ് അവനെ പ്രിയ ശിഷ്യനായിട്ട് അംഗീകരിക്കുന്നിടത്താണ് ആ പാരഗ്രാഫ് തീരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നിരന്തരം ഈ വഴി ഈ നിലയിൽ നമ്മുടെ കുറവുകളെക്കുറിച്ച് കണ്ട് നമ്മൾ അനുദപിച്ചാൽ കർത്താവ് എന്തു ചെയ്യും കർത്താവ് നമ്മളെ തള്ളിക്കളയല്ലേ നമ്മൾ പറയും കർത്താവ് എന്നെ വിട്ടുപോയി ഞാൻ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തോ ചെയ്യും കർത്താവ് നമ്മളെ മാറുകോടെ അടയ്ക്കും നമ്മുടെ ഒരു കുഞ്ഞ് കുഞ്ഞ് ചിലപ്പം സ്കൂളിൽ നിന്ന് വന്നെച്ച് നമ്മളോട് പറയല്ലേ ഡാഡി ഞാൻ ഡാഡി പറഞ്ഞു കേട്ടില്ല ഞാൻ പിന്നെയും അങ്ങനെ ചെയ്തു എന്നെ ഈ വീട്ടിൽ കൊള്ളുകയല്ലേ എന്നെ അങ്ങ് കളഞ്ഞേര് എന്ന് പറയും അത് കേൾക്കുമ്പം ഏതേലും ഒരപ്പവൻ ആ എന്നാൽ ഈ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞേക്കാമെന്ന് വിചാരിക്കുമോ ഇല്ല അത് പറയുമ്പോൾ അവനെ നമ്മൾ എന്തു ചെയ്യും അതിതേക്കാൾ കവിഞ്ഞ സ്നേഹത്തോടവനെ മാറോടണയ്ക്കും എൻ്റെ കുഞ്ഞ് ഇതാ പിതാവിൻ്റെ ഹൃദയം സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം അതുകൊണ്ട് തെറ്റുകൾ വന്നാൽ അതിൽ അതിൽ അത് തന്നെ നമ്മളെ നമ്മളെ വിഷമിപ്പിച്ചു പോകല്ലേ അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന പദ്ധതിയാണ് പക്ഷെ അതിനോട് സഹകരിക്കണം സഹകരിക്കാതെ അത് കണ്ടിട്ട് അതിൻ്റെ മുമ്പാകെ അനുദവിക്കാതെ ഓ ഇതൊന്നും സാരമില്ല ആരാ ഇത്ര വിശുദ്ധരെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് പറഞ്ഞ് ട്വീറ്റാസ് ഗ്രാൻഡഡ് ആയിട്ട് എടുത്ത് ഈ കാര്യങ്ങളെ പോകരുത് മറിച്ച് നിരന്തരം ദിവസന്നിധിയിൽ വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളറിയാതെ തന്നെ ഫ്രം വൺ ഡിഗ്രി ഗ്ലോറി ടു അനന്ത ഡിഗ്രി ഗ്ലോറി നാളുകൾ കഴിയും തോറും നമ്മുടെ ജീവിതം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ വ്യത്യാസപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെ വിളിച്ചേക്കുന്നത് അങ്ങനെ വ്യത്യാസപ്പെടുന്നവരുടെ സംഘം സഭ എന്താ തേജസ് ഏറിയ ഒരു ഒരു കൂട്ടമാണ് നമ്മൾ പറഞ്ഞു ഓ ആദ്യത്തെ സഭ ദൈവവും ആദമുഹവയും മാത്രമുള്ള സഭ അവിടെ നല്ല തേജസ് ഉണ്ടായിരുന്നു ആ തേജസ് ആദ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈ നഷ്ടപ്പെട്ടു പോയ തേജസ് സഭയ്ക്ക് പുനഃസ്ഥാപിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനത്തിലാണ് ദൈവം ഇത്രയും വർഷങ്ങളായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള നമ്മൾ ഒന്നിച്ചൊരു കൂട്ടമായിട്ടിരിക്കുമ്പോൾ സഭയെന്നുള്ള നിലയിൽ നമ്മൾ പുറലോകത്തിന് പ്രതിഫലിപ്പിക്കേണ്ട തേജസ് എന്താ തേജസ് എന്താ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം രണ്ട് സഭയെന്നുള്ള നിലയിൽ നമ്മൾ മറ്റു മനുഷ്യരെ പോലെയല്ല ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്ന കാലത്ത് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പ്രയാസമുള്ളതായിരിക്കും പ്രയാസമുള്ളതായിരിക്കും ഈ പ്രയാസമുള്ള കാലഘട്ടത്തിൽ നമുക്കെങ്ങനെ ജീവിക്കാൻ ഒക്കും നമുക്ക് ഇന്നലെ വരെയുള്ള കൃപ കൊണ്ട് ഇനിയും ജീവിക്കാൻ ഒത്തന്നു വരികയില്ല നമുക്ക് ദിനംതോറും ഈ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപപ്പെട്ടാലേ ഒക്കെയുള്ളൂ കാൽവരക്രൂശിൽ കർത്താവ് നേടിയ കർത്താവ് പ്രകടിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുക അവിടെ സാക്ഷാൽ ആ നിലയിലുള്ള നിന്നെയും പീഡനത്തിൻ്റെയും മുമ്പാകെ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണേ എന്ന് ഹൃദയത്തിൽ നിന്ന് തന്നെ പറഞ്ഞ് അങ്ങനെ പോകാനായിട്ട് യേശുവിനെ പറ്റി നമുക്കും കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ജീവൻ മൊഴി മാസയിലേക്ക് സാഹിഖ്ബാറിൻ്റെ ഒരു ലേഖനം നമ്മൾ കൊടുക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ബ്രദർ പറഞ്ഞ ഒരു കാര്യം എഴുതിയും വായിച്ചൊക്കെ വന്നപ്പോൾ എനിക്കെന്നെ ഇച്ചിരി പേടിയായി ബ്രദറ് പറയുക ഇനിയുള്ള കാലത്ത് ആളുകൾ നമ്മുടെ സഭാമന്ദിരം തല്ലി തകർക്കും സഭാമന്ദിരം തല്ലി തകർക്കും നമ്മളെയൊക്കെ ജയിലിൽ പിടിച്ചിട്ടൊന്നും വരും ഞാൻ ആകെ വിഷമിച്ചു പക്ഷേ സംഗതി ശരിയല്ലേ കാര്യങ്ങൾ വളരെ വേഗത്തിൽ അങ്ങോട്ട് പോവുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്നലെ വരെയുള്ള കൃപ പോരാ നമ്മുടെ ന്യായങ്ങൾ എടുത്തു കളയുന്നവർ അക്ഷരാർത്ഥത്തിൽ പീഡനത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെയൊക്കെ മുമ്പാകെ കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ ഒക്കുമോ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഒക്കുമോ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുകയെന്ന് പറഞ്ഞാൽ അത് അത് അത് പിന്നെയും പിന്നെയും അടി കാണാത്ത ഒരു വലിയൊരു കുഴി പോലെ എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഒരു നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒക്കുന്നതിനപ്പുറത്താണ് എങ്കിലും നമ്മളത് വിട്ട് കളയാതെ മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആട്ടെ എന്ന് ഇതിൻ്റെ ഒരു പൂർത്തീകരണം വരും യോഹന്നാൻ അത് പറഞ്ഞിട്ടുണ്ട് അതോടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഒന്ന് യോഹന്നാൻ ഒന്ന് യോഹന്നാൻ അതിൻ്റെ മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്നാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ ന അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്നറിയുന്നു അപ്പം നമ്മൾ യേശുവിനെ പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ തേജസ് പ്രാപിച്ച് യേശുവിൻ്റെ സ്വഭാവം പോലെ നൂറ് ശതമാനമായിത്തീരുന്ന നൂറ് ശതമാനം യേശുവിലുള്ള തേജസ് പോലെ നമ്മളുമായിത്തീരുന്ന ഒരു രംഗമെന്നാ നമ്മളവനെ മുഖാമുഖമായി കാണുന്ന ഒരു രംഗത്താ പ്രിയമുള്ളവരെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്നാ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് അന്ന് നമ്മൾ നൂറ് ശതമാനം എത്തിത്തീരും ഇന്ന് എന്താ ഇന്ന് അതിലേക്കുള്ള ഒരു പ്രയാണമാണ് ആ പ്രയാണം ആ പ്രയാണത്തിൽ മനസ്സുമെടുത്ത് പോകല്ലേ മനസ്സുമെടുത്ത് പോകല്ലേ ചുറ്റുപാടുമുള്ള പലരും ഇതൊക്കെ വിട്ടേച്ച് കുറച്ച് കഴിയുമ്പം റൊട്ടീൻ പരിപാടികളുമായിട്ട് പോകുന്ന കണ്ട് നമ്മൾ അങ്ങനെ പോകല്ലേ കാര്യം തെയ്യോ നമ്മളെ മുൻനിമിച്ചേക്കുന്നത് എന്തിനാണ് അവൻ്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെട്ട് മുന്നോട്ടു പോകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ദൈവസന്നിധിയിലെ എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം